മുവേൽ രണ്ടാം പുസ്തകം അധ്യായം ഒന്ന് ശൌൽ മരിക്കുകയും ദാവീദ് അമാല്യക്കരെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗിൽ രണ്ടു ദിവസം പാർക്കുകയും ചെയ്ത ശേഷം മൂന്നാം ദിവസം ഒരു ആൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് പാളയത്തിൽ നിന്ന് വന്നു ദാവീദിന്റെ അടുക്കൽ എത്തി ം വീണ് നമസ്കരിച്ചു ദാവിതവനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ ഇസ്രയേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയാകുന്നു എന്നവൻ പറഞ്ഞു ദാവിതവനോട് കാര്യം എന്തായി പറക എന്ന് ചോദിച്ചു അതിനവൻ ജനം പടയിൽ തോറ്റോടി ജനത്തിൽ അനേകർ പട്ടുവീണു ശൌലും അവന്റെ മകനായ യോനാധാനും കൂടെ പട്ടുപോയിയെന്ന് ഉത്തരം പറഞ്ഞു വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് ദാവീത് ശൌലും അവന്റെ മകനായ യോനാഥാനും പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത് ഞാൻ എതിർച്ച ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ഷൌൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും പേരും കുതിരപ്പടയും അവനെ തുടർന്നെടുക്കുന്നതും കണ്ടു അവൻ പിറകോട്ടു നോക്കി എന്നെ കണ്ട് വിളിച്ചു അടിയൻ ഇതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു നീ ആരെന്ന് അവനെന്നോട് ചോദിച്ചതിന് ഞാൻ ഒരു അമാല്യേക്യൻ എന്ന് ഉത്തരം പറഞ്ഞു അവനെന്നോട് നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം എന്റെ ജീവൻ മുഴുവനും എന്നിലിരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അടുത്തു ചെന്ന് അവനെ കൊന്നു അവന്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു അവന്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്തു ഇവിടെ യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു ഉടനെ ദാവീദ് തന്റെ വസ്ത്രം പറിച്ച് കീറി കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു അവർ ശൌലിനെയും അവന്റെ മകനായ യോനാഥാനേയും യഹോവയുടെ ജനത്തെയും ഇസ്രയേൽ ഗ്രഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയതുകൊണ്ട് വിലപിച്ചു കരഞ്ഞു സന്ധ്യ വരെ ഉപവസിച്ചു ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് നീ എവിടത്തുകാരൻ എന്ന് ചോദിച്ചതിന് ഞാൻ ഒരു അന്യജാതിക്കാരന്റെ മകൻ ഒരു അമാലേക്കനെന്ന് അവൻ ഉത്തരം പറഞ്ഞു ദാവീദ് അവനോട് യഹോവിയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കൈയോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞു പിന്നെ ദാവീദ് ബാല്യക്കാരൻ ഒരുത്തനെ വിളിച്ച് നീ ചെന്ന് അവനെ വെട്ടിക്കളകാം എന്നു പറഞ്ഞു അവനവനെ വെട്ടിക്കൊന്നു ദാവീദ്വനോട് നിന്റെ രക്തം നിന്റെ തലമേൽ യഹോവിയുടെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നീ നിന്റെ വായ് തന്നെ നിനക്ക് വിരോധമായി സാക്ഷീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞു അനന്തരം ദാവീദ് ശൌലിനെയും അവന്റെ മകനായ യുവനഥാനേയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി അവൻ യഹൂദ മക്കളെ ഈ ധനുഗീതം അഭ്യസിപ്പിപ്പാൻ കൽപ്പിച്ചു അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഇസ്രയേലെ നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി വീരന്മാർ പട്ടുപോയത് എങ്ങനെ ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ ഫെലിസ്തീയ സന്തോഷിക്കരുതേ അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞുകളഞ്ഞത് ശൌലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ നിഹതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യോനഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല ശൗലിന്റെ വാൾ വൃധ പോന്നതുമില്ല ശൌലും യോനഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല അവർ കഴുകനിലും വേഗവാന്മാർ സിംഹത്തിലും വീര്യവാന്മാർ ഇസ്രയേൽ പുത്രിമാരെ ശൗലിനെ ചൊല്ലി കരവിൻ അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ച് നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ പൊന്നാഭരണം അണിയിച്ചു യുദ്ധമധ്യയെ വീരന്മാർ പട്ടുപോയതെങ്ങനെ നിന്റെ ഗിരികളിൽ യോനാഥാൻ നിഹതനായല്ലോ യോനാഥാനെ എന്റെ സഹോദര നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു നീ എനിക്ക് അതിവത്സലൻ ആയിരുന്നു നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത് വീരന്മാർ പട്ടുപോയത് എങ്ങനെ യുദ്ധായുധങ്ങൾ ശിച്ച് പോയല്ലോ